മൃദുവായി അമർന്നിടേടണം എന്ന് പറയുന്നതിന് അർത്ഥം വരണം അല്പം പോലും അഭിമാന വൃത്തിയുടെ കറപ്ഷൻ ഇല്ലാത്ത ശുദ്ധ ചിസ്വരൂപസ്ഥിതി ആ സ്ഥിതിയിൽ രാവ് പകലില്ല ദേശകാലങ്ങളില്ല ടൈം സ്പേസ് ഒന്നുമില്ല അതിൽ ബോറടിക്കലില്ല അതാണ് പരയിടപാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം അണ്ടൊരല്പനേരം എന്ന് പറഞ്ഞു മനസ്സ് ബഹിർമുഖമാവുമ്പോ ആണ് വിരസത ഉണ്ടാവുന്നത് വിരസതയ്ക്ക് കാരണം വിരസത എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡിസീസാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കൊന്നും ഈ ബോറിടം ബോറടിക്കുക എന്ന് പറയണതില്ലേ നമ്മളിപ്പോ ഉപയോഗിക്കണ വാക്ക് ബോർഡടിക്കുക ബോറടിക്കുകയാണോ അത് മലയാളം വാക്കായി മാറിക്കഴിഞ്ഞത് തനിയെ ഇരുന്നാൽ ബോറടിക്കുന്നതാണ് ആ ബോറടിക്കല് മാറ്റാനാണ് ടിവിയും പല വസ്തുക്കളും കണ്ടുപിടിച്ച് പെരുപ്പിച്ചു കൊണ്ടേ ഇരിക്കണത് കുറെ കഴിയുമ്പോൾ അതുമൊക്കെ ബോറടിച്ചു പോയി എല്ലാം ബോറടിച്ചു പോവാണ് മനുഷ്യന് ഈ ബോറടിക്കാന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ഏതോ ഒരു ശക്തി സഹജമായി നിസർഗമായിട്ട് നേ തീ നേതീ തള്ളണതാണ് അതാണ് നമ്മളിൽ വിരസതയായി പ്രത്യക്ഷപ്പെടുന്നത് പലതും ഇതാണോ ഇവിടെയാണോ അവിടെയാണോ അവിടെയാണ് അന്വേഷിച്ച് കുറെ കഴിയുമ്പോൾ പറയണു ഇതല്ല തള്ളിക്കളഞ്ഞു സർവവികൽപ സംഹാരിയാണ് ശക്തി വികല്പ അസഹിഷ്ണു എന്നാണ് പറയുന്നത് അത് എന്തിനേയും തള്ളിക്കളയും എപ്പോ അന്യമായ സകലത്തിനെയും തള്ളി താൻ താനായിട്ടിരിക്കണോ അതുവരെ ബോറടിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ തുടരും യോഗികൾക്ക് ആത്മദർശികളായ യോഗികൾക്ക് മാത്രമേ ഈ ബോറടിക്കൽ മാറിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബോറടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്താലും കുറെ കഴിഞ്ഞാൽ ബോറടിക്കും മനസിന്റെ ഒരു ആവിർഭാവം ഒരു ഒരു അന്തരായ ശക്തിയാണ് ഈ ബോറടിക്കൽ എന്ന് പറയുന്നത് അത് ഇടയ്ക്ക് വന്നിട്ട് നമ്മളോട് ഓരോ വസ്തുവെയായ ഇതല്ല ഇതല്ല എന്നാണ് അതാണ് അരനൊടി ആയിരം ആണ്ട് പോലെ തോന്നും എന്ന് പറഞ്ഞത് കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ബോറടിച്ചു എല്ലാം ബോറടിച്ചു പുതിയത് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഏതൊന്നാണോ ബോറടിക്കാത്തത് അതിൽ കാലമില്ല കാലമുണ്ടെങ്കിൽ ബോറടിക്കും കാലമില്ലാത്തത് ടൈം ഇല്ലാത്തതാണ് ബോർഡും ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ ബോറിടിക്കും നവനവം ഇന്നലെ ഇന്നു നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ല അറിഞ്ഞിടേണം പുതിയത് പുതിയതായിട്ട് ഇന്നലെ ഇന്ന് നാളെ നാളെ അത് വേണം കഴിഞ്ഞ കാലം വരാൻ പോകുന്ന കാലം മനസ്സിന്റെ ചലനം ഒരു പെൻറ്റുലം പോലെ ഒരു ക്ലോക്കല് പെൻറ്റുലം പോലെ മനസ്സ് എപ്പോഴും ശ്രദ്ധിക്കുക കഴിഞ്ഞതിലേക്ക് പോകും വരാൻ പോണതിലേക്ക് പോകും കഴിഞ്ഞതിലേക്ക് പോകും വരാൻ പോണം ഭൂതം ഭാവി ഭൂതം ഭാവി മനസ്സിന് മേയാനുള്ള രണ്ടു മേഖലകളാണ് ഭൂതകാലവും ഭാവി കാലവും എന്ന് പറയുന്നത് മനസ്സിന് അറിയില്ല വർത്തമാനകാലം എന്ന് പറയുന്നത് വ്യാകരണത്തിലേ ഉള്ളൂ മനസ്സിന് പിടിയില്ല ദാ ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും അത് അപ്പോ ആയി ശ്രദ്ധിക്കണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും മനസ്സ് വന്ന് തൊടുമ്പോഴേക്കും അത് പോയി ഒരിക്കലും ഇപ്പോ എന്നുള്ള കാലത്തിന് മനസ്സിന് തൊടാൻ പറ്റില്ല മനസ്സ് വന്ന് തൊടണമെങ്കിൽ പോയി അല്ലേ മനസ്സിന് തൊടണമെങ്കിൽ തന്നെ ഭൂതകാലാവണം ഒരിക്കലും വർത്തമാനത്തിന് മനസ്സിന് തൊടാൻ പറ്റില്ല പക്ഷേ ഭൂതകാലം ഭാവി കാലം ഇല്ല മനസ്സിന് മാത്രമേ ഉള്ളൂ നമ്മളുടെ അസ്തിത്വത്തിൽ സത്തയിൽ അതിനിരുപ്പില്ല മനസ്സിലാവട്ടെ വർത്തമാനകാല ഇല്ല മനസ്സ് വെറും സ്റ്റോറേജ് പ്ലേസ് ആണ് മനസ്സ് ഒരിക്കലും മനസ്സുകൊണ്ട് സത്യത്തിനെ അറിയാൻ സാധിക്കില്ലെന്നുള്ളതിന് തെളിവെന്താന്ന് വെച്ചാൽ വർത്തമാനകാലത്തിനെ തൊടാൻ മനസ്സിന് സാധിക്കില്ല കഴിഞ്ഞുപോയ വർത്തമാനകാലമാണ് ഭൂതകാലം വരാൻ പോണ വർത്തമാനകാലമാണ് ഭാവി കാലം റെക്കോർഡ് നൗസ്റ്റ് ഇമാജിനറി ഭാവനയിലുള്ളതാണ് പ്രതീക്ഷയാണ് ഒരിക്കലും മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കാത്തതാണ് പക്ഷേ അനുഭവം എന്ന് പറയുന്നത് വർത്തമാന കാലാണ് ഒന്ന് നോക്കൂ അനുഭവം എന്ന് പറയുന്നത് ഞാനൊന്നിനെ അനുഭവിക്കുമ്പോ വർത്തമാന ആ അനുഭവം ഒരിക്കലും ഭൂതകാലത്തിൽ ആർക്കും അനുഭവിക്കാൻ പറ്റില്ല ഭാവി ആർക്കും അനുഭവിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമ്മളുടെ മണ്ഡലത്തിന് ഒന്ന് അനുഭവം മറ്റൊരു മനസ്സും നമ്മൾ മനസ്സുകൊണ്ടപ്പോ സത്യത്തിന് പിടിക്കാൻ പറ്റുമോ അനുഭവം കൊണ്ട് വേണം അനുഭവത്തിനെ പിടിക്കാൻ മനസ്സ് വഴിവിട്ടു തരണം നമ്മളോ മനസ്സുകൊണ്ടാണ് അതിന് പിടിക്കാൻ ശ്രമിക്കുന്നത് മനസ്സ് തൊടുമ്പോഴേക്ക് അത് പോയിപ്പോകും വർത്തമാനം അനായാസം ഭജത് ബാഹ്യധിയാക്ഷണം ഭൂതം ഭവിഷ്യത് അഭജത് യാതിചിത്തം ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ചിത്രത്തിനെ പോകാൻ വിടാതെ വർത്തമാനം എന്ന് പറയുന്ന ക്ഷണത്തിനെ ശ്രദ്ധിച്ചാൽ ചിത്രവൃത്തി ഒതിക്കാനേ പറ്റില്ല ചിത്രം അചിത്തമായിട്ട് തീരുമെന്നാണ് ആ വർത്തമാന എന്ന് പറയണത് ടൈംലെസ്നെസ് ആണ് അതൊരു ടൈം അല്ല അതിനെ കണക്കെടാൻ പറ്റില്ല അതിൽ ഖണ്ഡമില്ല വർത്തമാനത്തിൽ മാത്രം ഇറങ്ങാ ചിത്രവൃത്തികൾ ഉദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് ഇഹചേത് അവേദീ അഥസത്യമസ്തി മഹദീവിനഷ്ടി നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ പിടിച്ചോളണം ഇപ്പൊ പിടിക്കോളണം വീട്ടു പറ്റില്ല പാസ്റ്റില് പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഏറ്റവും എളുപ്പമാണെന്ന് പറയണത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വിഷമം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ല ബോധത്തിനെ ബോധം കൊണ്ടറിയണം ചിത്തിനെ ചിത്ത് കൊണ്ടറിയണം ആ ചിത്തിനെ കൊണ്ട് ചിത്തിനെ അറിയുന്നതാണ് ഒരു സാമർഥ്യം ഒരു കുശലത എന്ന് പറയുന്നത് ആ കുശലത നമ്മളിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് മനസ്സിനും ബുദ്ധിക്കും അറിയുന്നതിനും വികാരപ്പെടുന്നതിനും ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കണത് കൊണ്ടാണ് നമുക്ക് ആ ബോധത്തിനെ ബോധം കൊണ്ടറിയാന്നുള്ള മാർഗം തെളിയാത്തത് എന്താന്ന് വെച്ച നമ്മള് നമ്മളുടെ അഭിമാനത്തിനും നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഉപാധികൾക്ക് വളരെ പ്രാമുഖ്യം കൊടുത്ത് ആ ഉപാധി കൊണ്ട് പാരമാർത്ഥിക വസ്തുവിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അമ്മാവാസ ദിവസം രാത്രി സൂര്യനെ കാണണമെന്ന് ശഠിക്കണ പോലെയാണത് സൂര്യനത പ്രകാശിക്കണം എപ്പോഴുണ്ട് സിദ്ധമാണ് എപ്പ വേണമെങ്കിൽ നമുക്ക് സിദ്ധമാണ് അതിനെ ശ്രദ്ധിച്ചാൽ അത് അനവരതമുണ്ട് നിത്യനിരന്തരം അഹമസ്മി അസ്ഥി അസ്മി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ അവിടെ സത്താ ചിത് സുഖരൂപം അസ്ഥി സതതം ആ എന്നുള്ള അനുഭവം അഹമസ്മി എന്നുള്ള അനുഭവം ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ തെളിഞ്ഞ ദൃഷ്ടി കൊണ്ട് കണ്ടാൽ അതിൽ ടൈമില്ല ഇറ്റ് ഇസ് ടൈംലെസ് അവിടെ കാലത്തിന്റെ കളിയില്ല അതിൽ മനസ്സ് വരുമ്പോ കാലം വരും അപ്പോ കാണാം അതാണ് ധ്യാനിക്കുക എന്നൊക്കെ പറയണത് സാധന ഉപാസനാ ഘട്ടത്തിൽ ഹെൽപ്ഫുള്ളാണ് പക്ഷെ ജ്ഞാനത്തിന്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോ ധ്യാനിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു ബന്ധമായിട്ട് തീരും എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ധ്യാനിക്കാനിരിക്കുന്നു എഴുന്നേക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് അതിലൊരു വികൽപ്പം ഖണ്ഡിച്ചുകൊണ്ടിരിക്കും ഈ സത്തയെ അതുകൊണ്ടാണ് അവസാനം പറയണത് അയമേ വഹിത്തെ യത് സമാധി അഷ്ടാവക്രൻ പറഞ്ഞു ജനകന്റെ അടുത്ത് നീ സമാധി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമല്ലോ ഇതുതന്നെ നിനക്ക് ബന്ധം എന്നാണ് എന്നുവെച്ചാൽ ഈ ഒരു അഭിമാനത്തിനെ പോലും കർത്തൃത്വത്തിനെ അവിടെയും കൊണ്ടുവരാതെ സഹജമായിട്ട് അതിലിരിക്കാം ചുമ്മാരിക്കും ക്ക് മനസ്സില്ല ഉപാധികളില്ല സർവോപാധി വിമുക്തമായ പൂർണ്ണ വസ്തുവാണ് നീ ധീരനായി അമരം അതാണ് ഞാൻ എന്ന് ഉറക്കാം ചിത്തവൃത്തികൾ വരട്ടെ വന്നിട്ട് പോട്ടെ എന്താപ്പോ കുഴപ്പം ഉമർത്ത് നടക്കുന്ന നായിക്ക് എൻ്റെ നേരെ ദേഷ്യമെന്ന് എനിക്കറിയോ ഉമർത്ത് നിൽക്കണ മരത്തില് എന്തെങ്കിലും കായ്ക്കുകയോ പഴുക്കുകയോ ചെയ്താൽ എന്നെ ബാധിക്കുന്നുണ്ടോ അതേപോലെ ചിത്രവൃത്തികൾ വരട്ടെ പോട്ടെ ബുദ്ധി പ്രവർത്തിക്കട്ടെ ഉറങ്ങട്ടെ വ്യവഹരിക്കട്ടെ വ്യവഹരിക്കാതിരിക്കട്ടെ സാക്ഷി പോലും സാക്ഷിഭാവം പോലും അല്ലാതെ ഇത് താൻ ആ വസ്തുവാണെന്നുള്ള ദൃഷ്ടി ഉണ്ടായി നിശ്ചയിച്ചു അറിഞ്ഞു അറിഞ്ഞിട്ടോ ആ അറിവിനെയും വിട്ടുകൊണ്ടാണ് പാണ്ഡിത്യം നിർവിദ്യ ിഷ്ഠാ ചെയ്ത് മൗനം ഗച്ഛേത് ശാന്തോ ഇതന്നെയാണ് ഭക്തിയിൽ ആത്മനിവേദനം എന്ന് പറഞ്ഞത് ഭാഗവതത്തിൽ ഭഗവാൻ ഇതൊക്കെ ഉപദേശിച്ചിട്ട് പറയണു എല്ലാം വിചാരം ചെയ്ത് അറിഞ്ഞ് ചിന്തിച്ച് അവസാനം ഉപരമേത യോഗാതെ ആ യോഗത്ത് നിന്നും പിൻവാങ്ങിയിട്ടില്ലെങ്കിൽ നീ പൂർണമാവില്ല അല്ലെങ്കിൽ ആ യോഗം ആ യോഗ സാധന ആ യോഗി ആ കർത്തൃത്വം നീ ആയുധം ചോട്ടിൽ വെക്കാത്തത് ജഹി അസ്ത്രം എന്ന് പറയും ആ ആയുധം ചോട്ടൽ വെക്കാത്തത് നിന്നിൽ ഒരു ഏകദേശീയ സത്ത നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഏകദേശീയ സത്ത നിലനിൽക്കാതിരിക്കാൻ അവസാനം ശരണാഗതിയാണ് ആത്മനിവേദനം ഭഗവാനേ ഉള്ളൂ ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നുമില്ല പുറമേക്ക് കാണുന്നതും അകമേക്ക് കാണുന്നതും ഒക്കെയാ ഭഗവാൻ തന്നെ ഭഗവാനല്ലാതെ ഇവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല ഭൂരമ്പംസി അനലോ അനിലോ അംബരമഹർനാഥോ ഹിമാംശു ഇത്യാഭാദി ചരാചരാത്മകമിതം യസീവ മൂർത്തിയഷ്ടകം നയത്കിഞ്ചന വിദ്യത്തെ വിമർശതാം യസ്മാ പരസ്മാത് വിഭോഹും തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ ഇവിടെ കാണുന്നതൊക്കെ തന്നെ ആ അറിവിന്റെ സ്വരൂപമായി ഭഗവത് സ്വരൂപമായി മാറുന്നു ഇവിടെ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള ഒരു ദൃഷ്ടി ഉള്ളില് ഉണരുമ്പോ ആ സമയം നമ്മള് സ്വതന്ത്രരായിട്ട് തീരും ഇവിടെ പഞ്ചഭൂതങ്ങളും പ്രപഞ്ചവും ഒക്കെ തന്നെ അറിവായി മാറിടുന്നു നാരായണ ഇതിലൊരു പാട്ടില് ഒരു പദ്ധ്യത്തിൽ പറയണു പഞ്ചഭൂതങ്ങളെയൊക്കെ പറഞ്ഞിട്ട് പറയണു ഇതൊക്കെ തന്നെ ആ നിജസ്വരൂപമായി അറിവായി ആത്മസ്വരൂപമായി തന്നെ മാറി നിൽക്കുന്നു അതല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള ആ അനുഭൂതി കാറ്റ് തീ മണ്ണ് എല്ലാം പരമചിദംബരമാർന്ന ഭാനു ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം ആസ്പൂർണസ്ഥിതിയിലിരുന്ന് നേടേണ്ടത് നേടിയെടുത്ത് അല്പം പോലും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം ഉദിക്കാത്ത സ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിലൂടെ ലോകമംഗളത്തിനുള്ള പ്രവൃത്തി അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും വിവേകാനന്ദ പറഞ്ഞു വയസ്സാവും തോറും ഒരു കാര്യം എനിക്ക് മനസ്സിലാവണു എന്റെ ഗുരുദേവൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ തത്വം അറിഞ്ഞ ഒരു ജ്ഞാനീ ഒരു ഗുഹയ്ക്കകത്ത് കയറി പാറക്കല്ലുകൊണ്ട് അടച്ചിട്ട് അയാളുടെ അനുഭൂതി ആ പാറകളെ ഭേദിച്ച് പുറത്തു വന്ന് ലോകത്തിന് മംഗളം ചെയ്യുന്നുണ്ട് അല്പം പോലും അത് നഷ്ടാവില്ല അതുകൊണ്ട് അവിടെയാണ് ആദ്യം നമ്മളുടെ വേല കിടക്കുന്നത് ഉള്ളില് രമണ മഹർഷിയുടെ ഒരു വാക്കുണ്ട് ചിലവരൊക്കെ ആശ്രമത്തിലേക്കൊക്കെ വരുമ്പോ ആശ്രമത്തില് പല ദോഷങ്ങളും മാറ്റണം ഇത് മാറ്റണം അത് മാറ്റണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയും അപ്പൊ മഹർഷി തമാശ ആയിട്ട് പറയോ അവളാ ആശ്രമത്തെ നന്നാക്കാൻ വന്നിരിക്കാൻ വന്നിരിക്കയാണ് വന്തവേലയപ്പാരു പോയി വന്ദവേലയപ്പാരു വന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നോക്കൂന്നാണ് ഗുരുവായൂർ പോയി തൊഴാൻ പോയിട്ട് കുപ്പിവളയും മോതിരമൊക്കെ വാങ്ങിച്ചിട്ട് ഗുരുവായൂരപ്പനെ തൊഴാതെ വരുന്ന ആളുകളെ പോലെയായിരുന്നു ഇവിടെ വന്ന കാര്യം എന്താന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം ചത്തുപോകുന്നു പാവം ശിവശിവ അങ്ങനെ ഒരു ഗതി വരാതിരിക്കണം എത്രകാലം ഇരിക്കും എന്ന് അറിയില്ല ഓരോ ദിവസം ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് ദേഹം വിഴും മുൻ ഭുചിപ്പതർക്ക് ശേരവാറും ജഗത്തേരെ ഈ ശരീരം വീഴുന്നതിന് മുമ്പ് ആ സത്യത്തിനെ അറിയണം പാരമാർത്ഥികമായ ഉണ്മയെ അറിയണം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹം എവിടെ വേണമെങ്കിൽ വീണോട്ടെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ സത്യം അറിഞ്ഞവനെ എച്ചിലല്ലോ പോലെയാണത് പിന്നെ അത് ആ പരമേശ്വരൻ പിടിച്ചെടുത്ത ആ ശരീരം കൊണ്ട് ലോകത്തിൽ എന്താ ചെയ്യിക്കേണ്ടതെന്ന് വെച്ചാ ചെയ്തോടും അത് നമ്മളുടെ ചുമതലയല്ല അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്തു ചെയ്തോടും ഇപ്പോഴും വാസ്തവത്തിൽ പരമേശ്വരൻ തന്നെയാണ് ചെയ്യിക്കുന്നത് പക്ഷെ നമ്മളുടെ അഭിമാനം ഒരു ഭ്രമ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറെ നമ്മള് മഹർഷിയുടെ അടുത്ത് ഒരു വക്കീല് ചോദിച്ചു മോക്ഷമടയണമെന്ന് അരുൾ വേണമേ ഭഗവാനേ എന്ന് പറഞ്ഞു അപ്പൊ മഹർഷി പറഞ്ഞു അരുൾദായി ഇരുക്കുവോ നീ കുറുക്കേ വരാൻ മരുന്ന് പറയാണ് നീ കുറുക്കേ കയറി വരാതിരുന്നാ മതി അത് എവിടെ കൊണ്ടുപോകണോ കൊണ്ടു ഈ വരാതിരിക്കാനാണ് ഈ അഭിമാനം ഉദിക്കാതിരിക്കാൻ നോക്കണം പറയണത് അത് മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ നടക്കും എന്താ നടക്കണ വെച്ചാൽ നടന്നോളൂ ഇപ്പോഴും നമ്മളുടെ ശരീരം നമ്മളുടെ കൺട്രോളായിട്ടല്ല പ്രവർത്തിക്കണത് അത് എന്ത് ചെയ്യാനാണോ ഈ ലോകത്തിൽ ആവിർഭവിച്ചിരിക്കുന്നത് അത് ചെയ്തിട്ടേ അത് പോവും ഇന്ന് മോഡേൺ റിസർച്ചില് പ്രത്യേകിച്ച് സൈക്കാട്രി റിസർച്ചില് ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസം എന്താന്ന് വെച്ചാൽ ഈ ഉറക്കത്തിൽ നടക്കാവുന്ന ഒരു സൂക്കട് ഉണ്ടല്ലോ സ്വംനംപുളിസം അവര് നമ്മളിപ്പോ ഹൈവേയിൽ ഇറങ്ങി എം റോഡിൽ നടന്നു വന്നാൽ ഇത്തിരി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വല്ല കാറോ സൈക്കിളോ ഒക്കെ നമ്മൾ ഇടിച്ചു വരും അവിടെ ഉണ്ടാവും ഒരാള് ഉറക്കം തൂങ്ങിയ ആള് ഒരു സ്വപ്നം പൊളിസ്റ്റ് ഹൈവേയിൽ നടന്നു വന്നാൽ ഒരിടത്തും ഒന്നും മുട്ടില്ല ഒന്നും ആവില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നയാള് തിരിച്ചുപോയി മുറിപ്പോയി കിടക്കും ആ റെക്കോർഡ് കഥകളൊക്കെ വളരെ ആശ്ചര്യമാണ് നീന്താൻ അറിയാത്ത ആള് കടലിൽ പോയി നീന്തിയിട്ട് വരും എന്നിട്ട് വന്ന് കിടക്കും ഞങ്ങളുടെ അവിടെ ഒരാൾ ഉണ്ട് നാല് ഏഴ് വീട് മതല് ചാടിയിട്ട് എട്ടാമത്തെ വീട്ടില് വാതില് തുറന്നു ഉള്ളുപോണു രാത്രി ഉറക്കത്തില് വഴിയില് കിണറൊക്കെ ഉണ്ട് ഒരു അപകടം പറ്റാതെ നടന്നു വന്ന് എളപ്പിടിച്ച് എഴുന്നേപ്പിച്ചപ്പോഴാണ് മൂപ്പരെ ആശ്ചര്യപ്പെട്ടത് ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മളുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല ഈ ശരീരം ഇവിടെ നടക്കണർത് പലരും ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ട് പലരും പറയണ്ട് സ്വാമി പറഞ്ഞ ശേഷം ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടേ ഈ കാർ ഓടിക്കുമ്പോ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നോട് പറഞ്ഞു ഓട്ടോ ഓടിക്കുമ്പോ എനിക്ക് നല്ലവണ്ണം ഈ കാര്യം തത്വം മനസ്സിലായി എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഒരു അഞ്ചാറ് കിലോമീറ്റർ വളരെ അപകടമായ വഴികൂടിയൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് സിനിമയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓടിച്ചത് ഒന്നും ശ്രദ്ധിച്ചിട്ടേ വളരെ അപകടമായ സ്ഥലത്തൊക്കെ തിരിച്ചിട്ടുണ്ടാവും കയ്യെ ഗിയർ മാറ്റിയിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും ഒന്നും അറിയില്ല ഇതൊക്കെ ഇതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി എന്റെ സാമർത്ഥ്യം കൊണ്ടൊന്നുമല്ല ഓട്ടോ ഓടിക്കണതും ജീവിക്കണതും ഈ ശരീരം ഏതോ ശക്തി ഓടിച്ചുകൊണ്ട് നടക്കാണ് അതിനനുസരിച്ച് അത് ഓടുകയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ധരിച്ച് അപകടം പറ്റിക്കും വളരെ ജാഗ്രതയായിട്ട് ചെയ്യണമെന്ന് ധരിച്ച് അപകടം പറ്റിക്കും ശരിക്കും നമ്മളുടെ അഭിമാനമാണോ കുഴപ്പം ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും വലിയ തടസ്സ അഭിമാനമാണോ എം എസ് സുബലക്ഷ്മിയുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ അവര് പറഞ്ഞു ചിലക്ക് ദിവസം കച്ചേരി വളരെ നന്നാവണോ നിങ്ങളുടെ ചില ദിവസം അങ്ങനെ ആവണില്ല എന്താ കാര്യം അവര് പറഞ്ഞു സാധാരണ ഞാനൊന്നും ആലോചിക്കാറില്ല ആർക്കെങ്കിലും ഒരാൾക്ക് ശരണാഗതി ചെയ്യണം അത്രയേ ഉള്ളൂ അവര് പറയും എന്റെ ഭർത്താവ് സദാശിവം എവിടെ വിളിച്ചോട്ട് അവിടെ പോവും അദ്ദേഹം പാടാൻ പറയണ സ്ഥലത്ത് പാടാൻ പറയും പാടും അദ്ദേഹം ഉടുക്കാൻ പറയണ വസ്ത്രം ഉടുക്കും അതുകൊണ്ട് അതിനെ ചിന്തിക്കില്ല പക്ഷെ ചില ദിവസം അദ്ദേഹം തന്നെ എൻ്റെ വന്ന് പറയും ഇന്ന് നെഹ്റു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ഡിഗ്നിറ്ററീസ് വന്നിട്ടുണ്ട് നന്നായിട്ട് പാടണം ആ കീർത്ത പാടണം എന്നാൽ കുള ആവും കോൺഷ്യസ് ആവും കോൺഷ്യസായി കഴിഞ്ഞാൽ അപ്പൊ കുളവാണ് അപ്പോ ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് തെളിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നോക്കും പകുതി സ്വപ്നം പൊളിച്ചിട്ടാണ് ഒരു എൺപത് ശതമാനം നമ്മൾ ഉറക്കത്തിലാണ് നടക്കുന്നത് കുറച്ച് കോൺഷ്യസ് ആവും അതുകൊണ്ടാണ് അപകടം ഇല്ലാതെ വരുന്നത് ഈ അഭിമാനം എപ്പ പൊന്തണമോ അപ്പൊ അപകടമാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ അഭിമാനം ഇല്ലാതെ എങ്ങനെ വ്യവഹരിക്കാൻ പറ്റും അഭിമാനം കൊണ്ടാണ് ഈ വ്യവഹാരത്തിൽ ഇത്ര കുഴപ്പമുണ്ടാവുന്നത് അഭിമാനം പോണത് വ്യവഹാരത്തിന് തടസ്സമേ അതിനെ ആ ശക്തി എന്തൊക്കെ ചെയ്യിപ്പിക്കാനുണ്ടോ ഒക്കെ ചെയ്യിപ്പിച്ച് പെട്ടിപൂട്ടിക്കൊള്ളും അതുകൊണ്ട് ശരണാഗതി ചെയ്യാൻ ഒരു സംശയവും വേണ്ട അങ്ങോട്ട് കൊടുക്കുക ശരണാഗതി ചെയ്തിട്ട് അത് ശരിക്കും നടക്കണ്ടോന്നൊന്നും നോക്കാൻ പാടില്ല അതാണ് ഗുരുദേവനടുത്ത് ദത്താപഹാരം എന്നൊരു കൃതി എഴുതി കൊടുത്തതിനെ പിന്നെ അപഹരിക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞു പിന്നെ അത് എങ്ങനെയായാലും വേണ്ടില്ല അത് പകുതിയിൽ നിൽക്കട്ടെ നടക്കട്ടെ അതെങ്ങനെ ആവണോ അതിന്റെ വിധി അനുസരിച്ച് അത് നടക്കും അത് ഏത് ശക്തി നടത്തുമോ അത് നടക്കും നമ്മളുടെ പാർട്ടായ അതിൽ തടസ്സം ഉണ്ടാക്കണില്ല നമ്മൾ ആ ആത്മനിവേദനം ചെയ്താൽ തന്നെ ശാന്തമാവും തുടർന്ന് നാളെ കാണും യഥോ മമാത്മാഭവസിമേവ തഥോനവാച്യം മമകിഞ്ചിത് അസ് യഥാതവേഷ്ടം കുറുവാം തഥൈവ ത്വാം ആത്മനാഥം